ധ്യായം പതിനൊന്ന് ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു അവിടെ കൂടിയിരുന്നു അവർ തമ്മിൽ വരുവീൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്നു പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു വരുവീൻ ൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകെയില്ല വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായി യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലിങ്ങും ചിഹ്നിച്ചു കളഞ്ഞു ഷേമിന്റെ വംശപാരമ്പര്യമാവിയത് ഷേമിന് നൂറ് വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിൻപ് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ർപ്പക്ഷാദിന് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ്വത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലഹിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏ ജനിപ്പിച്ചു ഏ ജനിപ്പിച്ച ശേഷം ശാലഹ് നാനൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏബറിന് മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു പേലകിനെ ജനിപ്പിച്ച ശേഷം ഏബർ നാനൂറ്റി മുപ്പത് സംവത്സരം പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലഗിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു രയുവിനെ ജനിപ്പിച്ച ശേഷം പേലഗ് ഇരുന്നൂറ്റൊമ്പത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു രയ്യുവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ശരൂഖിനെ ജനിപ്പിച്ചു ശരൂഖിനെ ജനിപ്പിച്ച ശേഷം രയ്യു ഇരുന്നൂറ്റിയേഴ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹോരിനെ ജനിപ്പിച്ചു നാഹോരിനെ ജനിപ്പിച്ച ശേഷം ഷെരൂഖ് ഇരുന്നൂറ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹോരിന് ഇരുപത്തൊൻപത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ നൂറ്റി പത്തൊൻപത് സംവത്സരം പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേരഹിന് എഴുപത്തുവയസ്സായപ്പോൾ അവൻ അബ്രാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു പേരഹിന്റെ വംശ പാരമ്പര്യമാവത് പേരഹ് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനേയും ജനിപ്പിച്ചു ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്തു വെച്ച് കൽദെയറുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ചു തന്നെ തന്റെ അപ്പനായ തേരഹിനു മുമ്പേ മരിച്ചുപോയി അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ സാറായി ായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയേയും കൂട്ടി കൽതയറുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു തേരഹിന്റെ ആയുഷ്കാലം ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേരഹ് ഹാരാനിൽ വച്ച് മരിച്ചു